আলহামদুলিল্লাহ আলহামদুলিল্লাহি নাহমাদুহু ওয়া نستাইনুহু ওয়া نستাগফিরু ওয়া নস্তাহদিহু ওয়া আমানু বিহি ওয়া তাওয়াক্কালু আলাইহি ওয়া নাউযু বিল্লাহি মিন শুরൂരി আনফুসিনা ওয়া মিন সাইয়্যাতি আ'মালিনা মাইয়াহদিহিল্লাহু ফালা মুদল্লা লাহ ওয়া মাইয়ুদলিল ফালা হাদিয়ালা واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد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 وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ايها الناس اوصيكم عباد الله واياي اولا بتقوى الله قال الله سبحانه وتعالى في قرانه العظيم اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قل يتي الصلاة فانتشروا في الأرض يبتغوا من فضل الله സത്യവിശ്വാസികള് സത്യവിശ്വാസിനികള് എൻ്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവലോകരക്ഷിതാവും നിയന്തായുമായ അള്ളാഹു സുബ്രഹാന ആലയുടെ നിയമങ്ങളും നിർദേശങ്ങളും പാലിച്ചുകൊണ്ട് യിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുബാല നമുക്ക് അവർക്കും അതിന്റെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചതും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അതിനെ വ്യവസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അള്ളാഹു സുബഹാന പ്രാപഞ്ചികമായ ചില വ്യവസ്ഥകളും നിയമങ്ങളും അല്ലാഹു സുബ്രഹാനുഭത്താൽ നിശ്ചയിച്ചിട്ടുണ്ട് വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളുമായി നമ്മൾ അതിനെ കണക്കാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ ലോകത്തുള്ള എല്ലാം ഒരേപോലെയല്ല സ്ഥലങ്ങൾ വ്യത്യസ്തങ്ങളാണ് മാസങ്ങളും ദിവസങ്ങളും വ്യത്യസ്തങ്ങളാണ് മനുഷ്യർ തന്നെ വ്യത്യസ്തങ്ങളാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും ഒരേപോലെയല്ല എല്ലാ ദിവസവും എല്ലാ മാസവും ഒരേപോലെയല്ല എല്ലാ വ്യക്തികളും ഒരേപോലെയല്ല ചിലതിന് ചിലതിനേക്കാൾ ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠതകളും പവിത്രതകളും ഫനലുകളും ഭറക്കത്തുകളും അള്ളാഹു സുബഹാനുഭവത്താൻ നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു ഏതിനാണോ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഏതിനാണോ ഫതിന് നിശ്ചയിച്ചിട്ടുള്ളത് ഏതിനാണോ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ളത് അതിന് അതേപോലെ അംഗീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിക്കാത്ത ഒരു ഫലിന് നമ്മൾ പാടില്ല അള്ളാഹ് നിശ്ചയിച്ച ഒരു ഫലിന് ഇല്ല എന്ന് പറയാൻ നമുക്ക് പാടില്ല അള്ളാഹു വെച്ചു ഒരു ഭർക്കത്തിന് നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല അള്ളാഹു ഭരക്കത്ത് വെക്കാത്തതിൽ പ്രത്യേകമായി ഭർക്കത്ത് ഈ ലോകത്താർക്കും അനുവാദമില്ല ഏതായാലും അള്ളാഹു സുബാനുവല വളരെ പവിത്രതയോടുകൂടി ഫലീനത്തോടുകൂടി ചില ദിവസങ്ങൾക്കും ചില മാസങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രാമാണികമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വസ്തുതയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നു ഇപ്പൊ നമ്മൾ നമ്മളെല്ലാം പോലുള്ള ഈ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുണ്ട് അതാണ് ഇന്ന് അല്പസമയം നിങ്ങൾ ശ്രദ്ധ ഞാൻ അധികം വിശദീകരണമില്ലാതെ പിന്നെ ഒന്ന് ചുരുക്കി വിശദീകരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അല്ല വളരെ പ്രാധാന്യം ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം വരുമ്പോൾ അതേ മഹത്വത്തോടു കൂടിയും അതേ പ്രാധാന്യത്തോടുകൂടിയും ആ ദിവസത്തെ നമ്മളും കാണേണ്ടതുണ്ട് നമുക്ക് സന്തോഷിക്കാൻ വകുപ്പുള്ള ആഹ്ലാദിക്കാൻ വകുപ്പുള്ള ഒരു ദിവസമായി വെള്ളിയാഴ്ചയെ പഠിപ്പിക്കുമ്പോൾ ആ വെള്ളിയാഴ്ച വരുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കണം ആ നിയത് നമുക്ക് പ്രതിഫലമുണ്ട് അതോടൊപ്പം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ദിവസമാണ് എന്ന് റസൂല് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളിയാഴ്ച കടന്നു വരുമ്പോൾ ഭയം നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് അത് അള്ളാഹ് ഇഷ്ടമുള്ള ദിവസമാണ് അതുകൊണ്ടാണ് ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സ്നേഹം ആ ഒരു താല്പര്യം നമുക്കും വേണം എന്തുകൊണ്ടാണ് ഈ സ്നേഹ നന്മ ഉണ്ടായത് ും വെള്ളിയാഴ്ചയാണ് ഉണ്ടാവുക അപ്പൊ രണ്ടു കാര്യം ഇവിടെ ഉണ്ട് ഒന്നെന്താ സന്തോഷിക്കാവുന്ന ദിവസമാണ് കാരണം അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് ഇനി എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത് വിശദീകരിക്കാം എന്തുകൊണ്ട് ഭയപ്പെടണം വെള്ളിയാഴ്ച വരുമ്പോൾ ക്യാമത്തിൽ നാൾ സംഭവിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എന്ന നബി മറ്റൊരു ഹജീസുള പഠിപ്പിക്കുകയാണ് വെള്ളിയാഴ്ചയായി കഴിഞ്ഞാൽ ലോകത്തുള്ള സകലമായ ജീവികളും ഭയപ്പെടുകയാണ് എല്ലാ ജീവികൾക്കും പേടിയാണ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും പറവകൾക്കും ഉരക എല്ലാത്തിനും പേടിയാണ് ആരൊഴികം ഇല്ലിന്ന് മനുഷ്യനും ഒഴികെ അവർക്ക് വലിയ ബേജാറൊന്നുമില്ല അവർ തോന്നിയത് പറയും തോന്നിയത് ചിന്തിക്കും തോന്നിയത് പ്രവർത്തിക്കും തോന്നിയത് പോലൊക്കെ ജീവിക്കും അവർക്ക് വെള്ളിയാഴ്ച എന്നല്ല എന്തു വന്നാലും പേടിയില്ല ലോകത്തെ മനുഷ്യരും ചിന്നുമല്ലാത്ത സകലമായ ജീവികളും വെള്ളിയാഴ്ചയായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പേടിക്കുന്നു എന്താ കാരണം അന്നാണ് ക്യാമർ സംഭവിക്കുക അപ്പൊ വെള്ളിയാഴ്ചയാകുമ്പോ സന്തോഷിക്കാനും വകുപ്പുണ്ട് പേടിക്കാനും വകുപ്പുണ്ട് ഈ ദിവസത്തിലുള്ള ഒരുക്കം നേരത്തെ തുടങ്ങുമായിരുന്നു പന്ത്രണ്ട് മണിയാകുമ്പോൾ ചടുപട എന്ന നിലക്ക് വേഗം ഡ്രസ്സ് മാറ്റി ഇന്ന് വെള്ളിയാഴ്ചയുടെ കേൾക്കണം അതോടുകൂടി അടങ്ങുന്നത് തീർക്കണം ഈ നിലക്ക് പള്ളിയിലേക്ക് ഓടാനല്ല നിരമറിച്ച് അത് രാവിലെ മുതലും ആ ദിവസത്തിനുള്ള ഒരുക്കം അതുകൊണ്ടല്ലേ എന്റെ പഠിപ്പിച്ചത് വെള്ളിയാഴ്ചയും ില്ൂടി കാണുവാൻ സാധിക്കും അപ്പൊ എന്തുകൊണ്ടാണ് രാവിലെ മുതലേ ഒഴുക്കം ആ ദിവസത്തിന് പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത് സഹോദരന്മാര് നമ്മുടെ മുഹമ്മദിനെ ബിസ് അല്ലാസ്വല്ലയുടെ ഈ ഒമ്മത്തിന് മാത്രം നൽകിയിട്ടുള്ള ഒരു പ്രത്യേകമായ അനുഗ്രഹവും ഔദാര്യവുമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മുമ്പ് കഴിഞ്ഞു പോയ അഹൈനുൽ കിതാബ് അവർക്കല്ലത് കൊടുത്തിട്ടില്ല ുംബിലായിരുന്ന ആളുകൾക്ക് അള്ളാഹു വെള്ളിയാഴ്ചയുടെ മഹത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞു അല്ല അവർക്ക് ശനിയാഴ്ചയായിരുന്നു നാളായിരുന്നു അവസാനം നമ്മളെ കൊണ്ടുവന്നു മുഹമ്മദിനെ ഉമ്മത്തിനെ കൊണ്ടുവന്നുഅലി വസ്ലം ഇതേ പ്രകാരം നാടിലും അവര് ഈ അഹി കിതാബിൽ പെട്ട ജ്യോതന്മാരും നസോറാക്കളും നമ്മുടെ പിന്നിലായിരിക്കും സ്വർഗത്തിലേക്ക് ആദ്യം നമ്മള് പരലോകത്തിലാദ്യം നമ്മൾ അവരൊക്കെ ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ പിന്നിലായിരിക്കും സഹോദരന്മാരെ പുണ്യങ്ങൾ വാരി കൂട്ടുവാനുള്ള അവസരമായ വെള്ളിയാഴ്ച സുദിനം അള്ളാഹു മുൻകാലക്കാരായ ആളുകൾക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളത് നമുക്കത് ലഭിച്ചു നമ്മൾ നന്ദി കാണിക്കുക ശരി വെള്ളിയാഴ്ചയായി കഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കടമ ജയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇന്ന് പലപ്പോഴും പല സഹോദരന്മാരും പല ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ട് അടുപ്പിച്ച് ഒന്നും രണ്ടും മൂന്നും നാലും ആഴ്ചകളും ജുവാ നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളെ കാണുവാൻ സാധിക്കും അതിന് പ്രാധാന്യം അറിയാത്തതുകൊണ്ടാണ് അതിനെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ും എല്ലാ മുസ്ലിമിനും ജുമോ നിർബന്ധമാണ് നാലാളുകൾക്ക് ഒഴികയും അവർ ജുമോ ഒഴിവാക്കിയാൽ വിരോധം ഇല്ല അവരാരാണ് അഭിജിമം ഉടമപ്പെടുത്തപ്പെട്ട അടിമ ഇന്ന് ആ സമ്പ്രദായം ഇല്ല പണ്ട് ജാരി കാലഘട്ടത്തിൽ മാർക്കറ്റിൽ നിന്ന് അടിമകളെ വാങ്ങി വന്ന് അവരുടെ ജീവിക്കുവാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തും വീട്ടുജോലിക്കും നിശ്ചയിച്ചിരുന്നു അവർക്ക് സ്വന്തമായി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അടിമ പോലെ ഉടമ കേൾക്കണം അതുകൊണ്ട് അത്തരം അടിമകൾക്ക് എന്തില്ല നിർബന്ധമില്ല രണ്ടാമത്തേത് അവ ഇമ്രാദു നിർബന്ധമില്ല ഔസിയും അല്ലെങ്കിൽ കുട്ടിയും അവർക്കും ജിമ്മ നിർബന്ധമില്ല ഔ മരീദൻ അല്ലെങ്കിൽ രോഗി നാലാളുകൾക്ക് ജു നിർബന്ധമില്ല ബാക്കിയുള്ളവർക്ക് അത് നിർബന്ധമാണ് എന്നാൽ ഒരു കുട്ടി പള്ളിയിലേക്ക് വന്നാൽ ഹറാം എന്ന് പറയാൻ പാടില്ല ഒരു അടിമ പള്ളിയിലേക്ക് വന്നാൽ ഹറാം എന്ന് പറയാൻ പാടില്ല ഒരു രോഗി പള്ളിയിലേക്ക് വന്നാൽ ഹറാം എന്ന് പറയാൻ പാടില്ല എന്നതുപോലെയും ഈ ഗണത്തിൽ പ്രവാചക നാലാമത്തെ വ്യക്തിയായ സ്ത്രീ പള്ളിയിലേക്ക് വന്നാൽ അതും ഹറാം എന്ന് പറയാൻ പാടില്ല ചെന്നിട്ട് വളരെ നിസ്സാരമാണ് പറഞ്ഞ വിഷയങ്ങളും സംക്ഷിപ്തമായി മനസ്സിലാക്കിയ തർക്കിക്കൊണ്ട ഒരു കാര്യം അതിലില്ല കുട്ടി പള്ളിയിലേക്ക് വന്നു നമസ്കരിച്ചു ശരിയാകും അടിമ വന്നു നമസ്കരിച്ചു ശരിയാകും രോഗി വന്ന് നമസ്കരിച്ചാൽ ശരിയാകും എന്നതുപോലെ ഒരു സ്ത്രീ കടന്നു വന്നാലും അത് അനുവദനം തന്നെയാണ് അതേ പ്രതിഫലവും മഹത്വവും അവൾക്കും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിർബന്ധമാണെന്ന് മനസ്സിലാക്കുക മറ്റൊരു ഹദീസിൽ വെള്ളിയാഴ്ച ബാഗു കേട്ടു ഫലം അവൾ പള്ളിയിലേക്ക് വന്നില്ല പിന്നെ അടുത്താഴ്ചകൾ തുടർച്ചയായി അവൻ ഭാവി കേട്ടിട്ടും അതിനുള്ള സൗകര്യം ഉണ്ടായിട്ടും പള്ളിയിലേക്ക് വന്നില്ല എങ്കിൽ അള്ളാഹ് അവന്റെ ഹൃദയത്തിന് സീലി വെക്കുന്ന എന്താ അന്ന് സീലി വെച്ചാൽ കുഴപ്പം പിന്നെ അതിലേക്ക് പ്രകാശം കയറുകയില്ല ുംരകമോനത്തിനും ഹിതായും പിന്നെ അള്ളാഹുനെ മൂടി വെക്കുന്ന അങ്ങനെ ഹൃദയം തകർന്നു പോകും ഹൃദയം കടുത്തുപോകും കടുത്തുപോകുന്ന ഹൃദയത്തിനുടമകൾക്ക് നാശം എന്നാണ് വിശുദ്ധ ഗുരുവാന് പറയുന്നത് അപ്പൊ അള്ളാഹു ശീലുവെക്കും ഹൃദയങ്ങൾക്ക് ിൽ അല്ലാതെ മറ്റൊരു മതത്തിലും ഇത്രമൊരു തുറന്ന അവസരം വേറല്ല ധീര പഠിപ്പിക്കാൻ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ആളുകളെല്ലാം വന്നിരിക്കുന്ന ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു സന്ദർഭം ഇസ്ലാമിലല്ലാതെ ഒരു മതത്തിൽ കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒന്നത് നിശ്ചയിച്ചത് എല്ലാ ആളുകളും വരണം ശ്രദ്ധിച്ചു കേൾക്കണം മാത്രവുമല്ല ഒരു വ്യക്തി വന്നില്ലെങ്കിലും അവൻ ഹൃദയത്തിൽ നിറഞ്ഞ പ്രവേശിക്കാത്ത കടുത്ത ചീത്തയായ ഹൃദയത്തിന് ഉടമയായി തുടർച്ചയായി പള്ളിയിലേക്ക് പോകാത്ത ആളുകൾ ഹൃദയം അങ്ങനെ ആക്കി മാറ്റും അള്ളാഹു സുബാനം അവസാനം അവൻ ഇരുട്ടിൽ മുങ്ങി തപ്പും അവൻ നെച്ചടാനാവാത്ത വിധം നശിച്ചു പോകും അള്ളാഹു സുബ്രഹാനും കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോ ഈ നിർബന്ധമായ കർമ്മം നമ്മൾ സ്വയം മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ടില്ലാത്ത അശാന്തകാലിക്കുന്ന സഹോദരി നമ്മുടെ സഹോദരന്മാർ ഇഷ്ടം പോലെ അങ്ങാടികളിൽ കാണാം കടത്തുന്നകളിൽ കാണാം ഹിദായത്തിന്റെ കുറവാണത് ഈമാണിന്റെ കുറവാണതും അറിയാത്ത ആളുകളുണ്ടും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് സഹോദരന്മാരെ വെള്ളിയാഴ്ച ആയിക്കാൻ കഴിഞ്ഞാൽ നബിസ്വല്ലാസല്ലാൻ പറഞ്ഞ ഒരുപാട് മൂലങ്ങളുണ്ട് ഒരുപാട് ആദാപുകളുണ്ട് ഒരുപാട് സംസ്കാര കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് കൃത്യമായി കുളിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരും കുളിക്കാത്തവരാണ് എന്ന പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ പണ്ടും അറിയുന്നതല്ലേ എന്ന് നമ്മൾ ഒരിക്കലും തോന്നിയിട്ട് നിസ്സാരമായിട്ട് ഗണിക്കരുത് ചില ആളുകൾക്ക് അതിന് പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും സാധാരണ പോലെ കുളിക്കുന്നു വെറുതെ കുളിച്ചാൽ പോരാ ഇന്ന് വെള്ളിയാഴ്ചയാണ് ആ കുളിക്കുന്നു എന്നുള്ള ഒരു നെയ്യത്ത് മനസ്സിൽ സാധാരണ പണി കഴിഞ്ഞ് വന്ന് മുങ്ങി കുളിച്ചു ചളികളഞ്ഞു അത് കുളി മാത്രമാണ് എന്നാൽ അഭിപാതത്താകുന്ന അവസ്ഥയിലേക്ക് പ്രതിഫലാർഹമായ നിലക്കും നമ്മുടെ കുളി എത്തിച്ചേരണമെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് ആ നിലക്ക് അതിവേണ്ടി തന്നെ കുളിക്കുന്നു എന്നുള്ള ആ നിയത്തോട് കൂടി കുളിക്കണം അതാണ് ഇന്നമല്ല ആമാരും ഒരു ആദത്ത് വെറും പണി ചിലപ്പോൾ അബാദത്തായി മാറും ആരാധനയായി മാറും എപ്പോ നിയപ്പ് മാറുമ്പോ നിയത്ത് മാറുമ്പോഴാണ് എന്താകുന്നത് ഇപ്പൊഴത്തെ രാത്രി കടന്നുറങ്ങുക ഇനി ഞാൻ പകരം ഉറങ്ങിയിട്ടില്ല എന്ന് നെ നനച്ച് എനിക്ക് വേഗം ഉറങ്ങണം എന്ന് പറഞ്ഞു പോയി ഉറങ്ങിയാൽ അതിന് പ്രത്യേക കൂലിയൊന്നുമില്ല നേരെ മറിച്ച് എന്റെ സുബൈചമാ നഷ്ടപ്പെടരുത് എനിക്ക് രാവിലെ എന്തായാലും മണീക്കണം ആ ഒരു പ്രാർത്ഥനയോടെ ആ ഒരു നീയത്തോടെ നേരത്തെ കടന്നുറങ്ങിയാലോ ആ ഉറക്കത്തിന് പോലും ഒരു പ്രതിഫലമുണ്ട് അപ്പൊ ഒരു ഉറക്കത്തിന് പ്രതിഫലമില്ല ഒരു ഉറക്കത്തിന് പ്രതിഫലമുണ്ട് എന്റെ കാരണം നിയത്ത് മാറി എന്നതുപോലെ കുളി അത് അഭിബാധത്താകും വെള്ളിയാഴ്ചയുടെ ആ പ്രത്യേകമായ പവിത്രത്തിൽ നേടണമെങ്കിൽ കൂടി കുളിക്കുക അതാണ് പ്രായപൂർത്തിയായ എല്ലാവർക്കും അന്ന് കുളി നിർബന്ധമാണ് മറ്റൊരു ഹദീസിൽ കാണാം ഓരോ മുസ്ലിമും വെള്ളിയാഴ്ച കുളിക്കണം അതായത് ചില ആളുകളും ഇപ്പൊ നേരം വൈകിട്ട് ഇന്നിപ്പൊ കുഞ്ഞു കുളിക്കാനും നേരമല്ല ജനാപത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കൂളി നിർബന്ധമല്ലോ അതുകൊണ്ട് കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും കരുതരുത് ഏറ്റവും നല്ല വസ്ത്രം ഏതാണോ ചില ഹദീസുകളിൽ വെള്ളവസ്ത്രം ധരിക്കണം അതിൽ പ്രത്യേകമായ പുണ്യമുണ്ട് അതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് ും അത് ധരിക്കുക അത് ധരിക്കുമ്പോഴും അത് പൂശണം അത് പുരട്ടണം അതിന് പോലും പ്രതിഫലമുണ്ട് എന്നാണ് സുഗന്ധം ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകമായ സുന്നാണ് നബിസ്വല്ലാടിയിലും തലയിലുമായിരുന്നു സുഗന്ധം പൂശിയിരുന്നത് സുഗന്ധം പൂശിക്കൊടുക്കാറുണ്ടായിരുന്നു ഇഹറാമിൽ പ്രവേശിക്കുമ്പോഴും ഇഹറാമെന്ന് പുറത്തു പോരുമ്പോഴും എന്നിട്ട് പ്രവാചകന് തലയിൽ നിന്നും താടിയിൽ നിന്നും ആ സുഗന്ധമേക്ക് വരാറുണ്ടായിരുന്നു വസ്ത്രത്തിൽ തീർക്കണ്ട എന്ന അർത്ഥത്തിലല്ല ഇവിടെയാണ് ഏറ്റവും സുന്നത്തായ രൂപം അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ടോ നേരത്തെ പള്ളിയിലേക്ക് പോവുക നേരത്തെ പള്ളിയിലേക്ക് എത്തണം സാധാരണ ആളുകൾ വെള്ളിയാഴ്ച ലീവ് കൊടുക്കും ഇന്ന് വെള്ളിയാഴ്ച അത് പറഞ്ഞിട്ട് എന്നിട്ട് കുളിക്കാൻ പോകുക വന്നിട്ട് പഠിക്കാം എന്നിട്ട് ചില ആളുകളിങ്ങനെ വരും ആമീൻ ആമീൻ ആമീൻ റോട്ടിൽ നിന്ന് തന്നെ ആമീൻ പറഞ്ഞാണ് ഒഴിവില്ലായിട്ടാണ് നേരല്ലേ ഭയങ്കര ബിസിയല്ലേ ആ നിലക്ക് ബുദ്ധിമുട്ടി പള്ളിയിലേക്ക് വരുന്ന ആളുകളുണ്ട് സഹോദരന്മാരെ എത്രയും നേർത്ത വരുക സാധാരണകൾക്ക് അതീശം ഉണ്ടല്ലോ അത്രമാത്രം ശ്രദ്ധയോടെ പ്രാധാന്യത്തോടെ കുളിച്ചുകൊണ്ട് ഒന്നാമത്തെ സമയത്ത് പള്ളിയിലേക്ക് വന്നാൽ ഒന്നാമത്തെ ആളുകളല്ല നമ്മൾ സാധാരണ അങ്ങനെ കണക്കാക്കലാണ് ഒന്നാമത്തെ ആള് രണ്ടാമത്താള് മൂന്നാമത്താള് അല്ല ഒന്നാമത്തെ സമയം എന്നൊരു ആദ്യമായി ചിലപ്പോൾ നൂറാറ് ഒന്നിച്ച് വന്നാലോ അവിടെ പിന്നെ ഒന്നാമത്താണില്ല ആ ഒന്നിച്ചു വരുന്ന ആളുകൾക്ക് ഒരേ പ്രതിഫലമാണ് അപ്പൊ ഒന്നാമത്തെ സമയം ആ സമയത്ത് വന്നാൽ അവനൊരു ഒട്ടകത്ത് ബലി നൽകി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത പ്രതിഫലമുണ്ട് പിന്നെയോ രണ്ടാമത്തെ സമയത്ത് അടുത്തുകൊടുത്ത ഒരു ആടിനെ പശുവിനെ അള്ളാഹുന്റെ മാർഗത്തിൽ ദാനം ചെയ്ത പ്രതിഫലം മൂന്നാമത് വന്നാൽ തടിച്ചു കൊടുത്ത ഒരു ആടിനെയും ദാനം ചെയ്ത പ്രതിഫലം നാലാമത് വന്നാൽ കോഴി ദാനം ചെയ്ത പ്രതിഫലം പിന്നെ വന്നാലോ അവന് ഒരു കോഴിമുട്ട നൽകിയ പ്രതിഫലം അവസാനം വരുന്ന ആളുകൾക്ക് എന്താണ്ടാണെന്ന് അവൾ മനസ്സിലാക്കുക അവനെ പരാജയപ്പെടുത്തണം അവനെ തോൽപ്പിക്കണം വിഷയത്തിൽ മത്സരിക്കുന്ന ആളുകൾ സ്വർഗത്തിലെ ആ സുഖം സൗകര്യങ്ങൾക്ക് വേണ്ടി സുഖങ്ങൾക്ക് വേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ എന്ന പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇന്ന് നമ്മൾ ഭയങ്കര ഏറ്റവും അവസാനമായി പള്ളിയിലേക്ക് വരുന്നത് ഹത്തീബാണ് എന്നാ എല്ലാവരും ഇരുന്ന് റെഡിയായി നിൻമകൾ കാണാൻ ഹത്തീബ് വരണം അപ്പോഴെക്കിനും ആളുകളൊക്കെ റെഡി ആയിരിക്കണം ഇന്ന് ആള് ഹത്തീബ് വന്നിട്ടായിരിക്കും ബാക്കിയുള്ള ആളുകളൊക്കെ എത്ത പള്ളിയിലേക്ക് പലപ്പോഴും നേരെ തിരിച്ചാ സംഭവിക്കുന്നത് മുൻഗാമികളായ നമ്മുടെ ആളുകൾ ചരിത്രങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച ആ സമയം മുതൽ അങ്ങാടികൾ പള്ളി വരം നിറഞ്ഞു കമിയാറുണ്ടായിരുന്നു ആളുകൾ ഇങ്ങനെ അങ്ങാടിയേക്ക് നോക്കിയാൽ തന്നെ അറിയാം അന്ന് വെള്ളിയാഴ്ചയാണ് കാരണം റോഡ് നിറയെ ആളുകളാണ് റോഡ് നിറയെ വിശ്വാസികളാണ് വിശ്വാസികളെ കൊണ്ടും നിറഞ്ഞ വഴിതീരങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് ഇതാണ് മുൻകാലഘട്ടത്തിലെ ചരിത്രം നമ്മൾ നേരത്തെ വരാൻ നോക്കുക നമുക്ക് വേണ്ടി നാളെ പരലോക വിജയത്തിന് വേണ്ടി എന്ന് മാത്രമല്ല സഹോദരന്മാരെ കവാടങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം മലക്കൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നാ ഈ മലക്കുകൾ അവിടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ നമ്മൾ വന്നു അറിയാണ്ട് മലക്കിന്റെ മേത്തുകേർ പുലിന്ന് കളിയാക്കാൻ നിൽക്കൊന്നും വേണ്ട മലക്കളാണ്ട് പറഞ്ഞതാണ് അത് അതേപോലെ അങ്ങനെ അവർ വരുന്ന ആളുകളുടെ പേര് ഇങ്ങനെ എഴുതി വെക്ക ആദ്യ എന്നെ ആൾ വന്നു ഇന്ന ആളുകളൊക്കെ വന്നു അങ്ങനെ ഹത്തീബ് വന്ന് മെമ്പറിലേക്ക് ഹത്തീബ് കയറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോട്ട് ബുക്ക് മലക്കൾ അടച്ചു വെക്കും അവരുംബ കേൾക്കാതിരിക്കാം അപ്പൊ ഇതിന്റെ ഇടയിൽ മലക്കുകളുണ്ട് ജില്ലകളുണ്ട് അത് പഠിച്ചു വെച്ചോളി കൂടുതലും മലക്കുകൾ ഉണ്ട് അവർക്കാൻ സന്നദ്ധരായിരിക്കുകയാണ് പറഞ്ഞു മെമ്പറിൽ കയറി കഴിഞ്ഞാൽ അടച്ചു വെക്കും അവർ പിന്നെ എന്ന് പറഞ്ഞാൽ മെമ്പറിൽ കയറിയതിന് ശേഷം വരുന്ന ആളുകളെ പേര് ആ ലിസ്റ്റിനില്ല നേരത്തെ പറഞ്ഞ പ്രതിഫലം നേരത്തെ പറഞ്ഞ പ്രാധാന്യം നേരത്തെ പറഞ്ഞ മഹത്വം അവർക്ക് നഷ്ടപ്പെട്ടു പോയി തീരെയും പ്രതിഫലം ഇല്ലാന്നല്ല ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർ നിർവഹിച്ചു പള്ളിയിൽ വന്നു കടമ വീടി എന്നതല്ലാതെ ഒരു വെള്ളിയാഴ്ചയിലൂടെ ലഭിക്കേണ്ട പ്രതിഫലം ശരിയായ മഹത്വങ്ങൾക്ക് മനക്കുകൾ ആ കർമ്മരേഖ അല്ലെങ്കിൽ റിക്കാർഡ് അടച്ചു വെക്കുന്നതിന് മുമ്പായിക്കൊണ്ട് പള്ളിയിലേക്ക് ഹാജരാകണം അതിലൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അതുകൊണ്ട് വേഗം വരിക നേരത്തെ വരാശ്രമിക്കുക പഠിപ്പിച്ചു നിങ്ങളുടെ നടക്കത്തിന് പോലും പ്രതിഫലമുണ്ട് വെള്ളിയാഴ്ച നിങ്ങൾ പള്ളികളിലേക്ക് പോകുന്ന ഓരോ നടത്താമുണ്ടല്ലോ നിങ്ങൾ വെക്കുന്ന ഓരോ കാൽവെപ്പുകൾക്കും കാല് എടുത്ത് പിന്നെ എടുത്ത് പിന്നെ വെച്ച് ഓരോ കാൽവെപ്പുകൾക്കും വർഷം മൂന്ന് നമസ്കരിച്ച പ്രതിഫലം നിങ്ങൾക്കുണ്ട് ഒരു വർഷം മൂന്ന് നമസ്കരിച്ച പ്രതിഫലം റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമാണ് പള്ളിയിലേക്ക് വന്നാൽ ആ വരവിലും പോക്കിലും ഓരോ കാൽവപ്പുകൾക്കും നിങ്ങൾക്ക് ആ പ്രതിഫലം ലഭിക്കാറുണ്ട് എന്ന് പഠിപ്പിക്കുന്നു അതുകൊണ്ട് നേരത്തെ കുളിച്ച് ഒരുങ്ങി റെഡിയായി നമ്മൾ പള്ളിയിലേക്ക് വേഗത്തിൽ വരുക വന്നു കഴിഞ്ഞാലോ വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ ഇരിക്കരുത് ഏതുവരെ രണ്ടര കാത്ത് സുന്ദമസ്കരിക്കുന്നതുവരെ രണ്ടര കാത്ത് സുന്നമസ്കരിക്കാതെ പള്ളിയിൽ കയറിയ ഒരു വ്യക്തിയും ഇരിക്കാൻ പാടില്ല സാധാരണ കേൾക്കുന്ന കാര്യമാണ് എങ്കിലും ചില ആളുകൾ അബദ്ധം കാണിക്കാറുണ്ട് പള്ളിയിലേക്ക് വെള്ളിയാച്ച് കയറി വന്നു അവർക്ക് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ട് ദീന് പഠിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ ദീൻ മുഴുവൻ പഠിച്ചിട്ടില്ല അവര് അദ്ദേഹം വന്നു ഇരുന്നു പ്രവാചകൻ ചോദിച്ചു ആമസ്കരിച്ചോ നമസ്കരിച്ചോ താങ്കൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് പ്രവാചകന് എങ്കിൽ റസൂനല്ല മുമ്പിൽ സുഹാബികളും എല്ലാം അതുകൊണ്ട് അങ്ങനെ പറയാനും പറ്റൂല കാരണം പിന്നെ ഒരാഴ്ച കുത്തു പറയുള്ളൂ അല്ലെങ്കിൽ ആള് പിന്നെ പള്ളി തന്നെ വരൂല ഏത് നിങ്ങള് എണീറ്റ് നമസ്കരിക്കുന്നു പറഞ്ഞാൽ ആ മനുഷ്യൻ എന്നോട് നല്ലത് പറഞ്ഞല്ലോ എന്നല്ല കരുത് എന്നെ ആക്ഷേപിച്ചു എന്നേ കരുതുള്ളൂ കാരണം ഹക്ക് പറയാൻ പറ്റാത്തൊരു കാലഘട്ടം പള്ളിയിലേക്ക് വന്നിട്ട് അറിയാത്ത ആളുകൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ എണീക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നമസ്കരിച്ചു കൊണ്ടിരിക്കണം അപ്പൊ ഇരിക്കാൻ പാടില്ല ഒരിക്കൽ നിങ്ങൾ പള്ളിയിലേക്ക് വന്നാൽ നമസ്കരിക്കണം അത് ജുവാനെ പ്രത്യേകം പറഞ്ഞു ഇതാ വള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിലേക്ക് വന്നാൽ പറയുകയാണെങ്കിലും നമസ്കരിക്കണം അതിങ്ങനെ നീട്ടി നമസ്കരിക്കാൻ പാടില്ല കുറെ നേരം നേരം അധികം അതൊന്നും ഇല്ല വളരെ ചുരുക്കിക്കൊണ്ട് ആ നമസ്കാരം നിർവഹിക്കണം എന്നാണ് ചില ആളുകള് ഇപ്പൊ അത്തീബ് സലാം പറഞ്ഞിവിടെ ഇരുന്നിട്ട് ബാങ്കു കൊടുക്കുകയാണെങ്കിൽ അവർ വന്നിട്ട് ഇങ്ങനെ കാത്തിനിൽക്കും ബാഗ് കഴിയാൻ വേണ്ടിയിട്ട് കാത്തിനിൽക്കരുത് നിങ്ങൾ കാണിക്കണം ആ ദ്രന് വേണ്ടി ഒരുങ്ങിയിരിക്കണം അതാണ് അന്ന് നടത്തപ്പെടുന്ന ഉത്ബോധനം അന്നത്തെ പ്രസംഗം ഹുബ എന്ന അറബിയിൽ പറയും അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കണം അപ്പൊ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം ബാങ്കൊന്നും അവസാനിക്കാതെ കാത്തിനിൽക്കാതെ ഉടനെ നമസ്കരിച്ചുകൊണ്ട് ഹുത്തുബയെ താല്പര്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇരിക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പിന്നെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ രണ്ടക്കാര ചെന്നാണ് മസ്ജിദാ വേറെ പ്രത്യേകമായ ചുന്നത്തുകൾ അല്ല മസ്ജിദാണ് വെള്ളിയാഴ്ച വരുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ആ ചുന്നവം പിന്നെ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ നിശ്ശബ്ദരായിട്ടിരിക്കാം പിന്നെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഇന്നലത്തെ കാര്യങ്ങളും അഞ്ഞ് നാളെ വരാനുള്ള കാര്യങ്ങളും ഈ വക എല്ലാ ചർച്ചയും പിന്നെ പള്ളിയിൽ വന്നിട്ട പാടില്ല സഹോദരന്മാരെ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും കയറി കഴിഞ്ഞാൽ ഒരു വർത്താനവും പാടില്ല എന്നാ ഒന്നും പാടില്ല ഓക്കെ നിങ്ങൾ ഒരാൾ കുളിച്ച് വൃത്തിയായി സുഗന്ധക ഭൂഷി പള്ളിയിലേക്ക് വന്നിട്ട് ഇമാമിന്റെ ശ്രദ്ധിച്ച് കേൾക്കുന്നു തുടങ്ങിയാൽ കഴിഞ്ഞ ഈ ആഴ്ച ഒമ്പത്തെ ആഴ്ചക്കുമ്പോൾ ഇടയുള്ള എല്ലാ പാപങ്ങളും നല്ല പുറത്തു കൊടുക്കുന്ന അവ നിശബ്ദരായിട്ടിരിക്കണം ഇനി രണ്ട് ആളുകൾ അപ്പുറത്തു പറഞ്ഞു വർത്താനം പറയാ അവ നമ്മൾ നമ്മൾ പറയാണ് വർത്താനം പറയാൻ പാടില്ല എന്ന് പോലും പറയാൻ പാടില്ല സംസാരിക്കുന്ന ആളുകളോട് സംസാരിക്കരുത് എന്ന് പോലും പറയാൻ പാടില്ല അത് ചെയ്യേണ്ടതാരാ അത് ഹത്തീബിന്റെ പണിയാണ് ഖത്തീബിനാണ് അവിടെയൊക്കെ ഇരുത്താം സംസാരിക്കരുതെന്ന് പറയാം നിങ്ങൾ തമ്മിൽ തമ്മിൽ എന്തു ചെയ്യാൻ പറയാൻ പാടില്ല അത് പറയാൻ പാടില്ല സാധാരണ ഈ നമ്മുടെ നാട്ടിലെ മഹല്ലുകളിലൊക്കെ പണ്ട് ഈണ്ടല്ലോ അതിൽ പറയുന്നുണ്ട് ഇമാമ് ഫത്തീം ഇമ്പതിൽ കാരക്കഴിഞ്ഞാൽ നിങ്ങളാരും സംസാരിക്കാൻ പാടില്ല അത് കേൾക്കണും മനസ്സിലായിട്ടില്ല ചെല്ലണോനും മനസ്സിലായിട്ടില്ല കൊല്ലം അമ്പതും അത് കേട്ടു എന്താണ് അതിന്റെ അർത്ഥം ആർക്കും തിരിഞ്ഞിട്ടില്ല മനസ്സിലായിട്ടൂല്ല അവിടെ വിളിച്ചു പറഞ്ഞത് അതാണ് ഹത്തിറിലേക്ക് ആറിയാൽ പിന്നെ വർത്താനം പറയാൻ പാടില്ല മിമ്പർ കയറിയിട്ട് വേണം വർത്താനം പറയാൻ വേണ്ടി ആൾക്കാർ കാത്തുക അവിടെ ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞു കൊടുത്ത ആളുകൾ ദീനി എന്നോ പഠിക്കൂലേ സമൂഹത്തിൽ നിന്ന് എന്തെല്ലാം തിരുമകൾ ഇല്ലാതെയായി പോകും അപ്പൊ സഹോദരന്മാരെ ആശുപത്രിക്ക് ഒന്ന് മലയാളത്തിലേക്ക് ആക്കി കൊടുത്താൽ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കേണ്ട ഭാഷയില് ആക്കി കൊടുത്ത എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഏതാണ്ട് പരിഹാരമായി പ്രവാഹകന് പറയാണ് നിങ്ങൾ മിണ്ടാതിരിക്കണം മിണ്ടാതിരിക്കണം പിന്നെ സഹോദരനോട് പറയുകയാണ് വെള്ളിയാഴ്ച ദിവസം പറയുമ്പോ അൻഷിത്ത് മിണ്ടാതിരിക്കാത്ത കാര്യം ചെയ്തു മിണ്ടാതിരിക്കണോന്ന് വേറെത്തിനോട് പറഞ്ഞാൽ നീ നീ പോലും വേണ്ടാത്ത ചെയ്തു ചെയ്യാൻ പാടില്ല പിന്നെ റസൂല് പറഞ്ഞു വന്ന് കല്ല് പിടിക്കാന്ന് പറഞ്ഞ പണ്ടത്തെ പള്ളിയില് ഈ കാർപ്പറ്റും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അന്ന് പ്രവാചകന്റെ മദീന പള്ളിയില് വെറും മണല അപ്പൊ ചിലങ്ങനെ കല്ല് ഇങ്ങനെ ഉരുട്ടും അതുകൊണ്ട് റസൂല് പറഞ്ഞത് കല്ലുരൊട്ടിയനും കല്ലുരൊട്ടിയവൻ വ്യർത്ഥമായ പണി ചെയ്തു എന്നാ പായിന്റെ തുമ്പ് പിടിച്ച് ഇങ്ങനെ വിൽക്കും അല്ലെങ്കിൽ നൂലിങ്ങനെ കട്ടാൻ നോക്കും ചില ചില ആളുകളുടെ പണി മൊബൈലിൽ എടുത്തിട്ട് മിസ്കൂളൊക്കെ ഡിലീറ്റ് ചെയ്യലാണ് പണി മെസ്സേജ് ആയാലും മെസ്സേജ് ആയാലും ഒക്കെ അര മണിക്കൂർ അള്ളാൻ്റെ മുമ്പിൽ ക്ഷമിച്ചിരിക്കാൻ കഴിയുന്നില്ല ആയിരത്തും ഹദീസും കേൾക്കാണെന്ന് മനസ്സ് അവർക്കില്ല എത്ര ദുര്യോഗിത് അപ്പം ആരെങ്കിലും ചരൽ കല്ലിമിട്ടിയാൽ മിടിച്ചാൽ അവൻ വ്യർത്ഥമായ പണി ചെയ്താ ഇന്ന് ചരൽ കല്ലാതുകൊണ്ട് നമുക്ക് ഹദീസ് ബാധകെല്ലാം സമാധാനത്തിരിക്കാൻ തന്നെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ പായന്റെ തുമ്പുണ്ട് പായന്റെ നൂലുകളുണ്ട് അജാദികളികളൊക്കെ ഒഴിവാക്കുക പിന്നെ സഹോദരന്മാരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് സ്ഥലങ്ങൾ ഫില്ല് ചെയ്തിരിക്കുക ഇപ്പ ആരും കേട്ടോ പാകം ഒച്ചപ്പാടാകും അടുത്താൽ മതി പള്ളിയിൽ വന്നാൽ എങ്ങനെ ഒരാൾ വന്നിട്ട് രണ്ടാൾ ഇടയിൽ കയറി തിരികെ അതിന്റെ അർത്ഥം എന്താ തിരികാനുള്ള അവസരം കൊടുക്കരുത് എപ്പോഴാണ് തിരികേണ്ടി വരിക ഇപ്പൊ മുമ്പിൽ എല്ലാം ഒഴിവാ ബേക്കിൽ സെറ്റ് സോഫ് ആള് ഫുള് മുമ്പിൽ കുറെ ഒഴിവുണ്ട് അപ്പൊ വേണ്ടി വരും ഇടയിൽ കയറി വന്ന് തിരികാൻ നിൽക്കേണ്ടി വരും അപ്പൊ ഈ തിരകര ഒഴിവാക്കാനും ആളുകൾ ചുമലിച്ചാടി വരാൻ പാടില്ല എന്നാ ചുമലിച്ചാടി വരാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം വരുന്ന ആളുകൾ ഒന്നാമത്തെ സൊഫിലിരിക്കണം ചില ആളുകൾ പള്ളിക്കൊക്കെ നേരത്തെ വരാത്തന്നെ അതുകൊണ്ടാണ് ഇനി ഒന്നാമത്തെ സൊഫ് പോയിരിക്കണം അതൊരു അടങ്ങനാണ് അതൊരു ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്ക് ഒന്നാമത്തെ സൊഫിലിരുന്ന പ്രതിഫലം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അടുത്ത ചുമ്മാക്ക അല്ലെങ്കിൽ അടുത്ത ജമാത്തിന് നറുക്കിടേണ്ടി വരുന്ന നിങ്ങൾക്ക് മുമ്പിലിരിക്കാൻ വേണ്ടിയിട്ട് അത്രക്ക് പ്രതിഫലം അതിലുണ്ട് ബാങ്ക് കൊടുത്താലും ഒന്നാമത്തെ സുഫിലിരുന്നാലും അവർക്ക് വേണ്ടി മനക്കേകം പ്രാർത്ഥിക്കുന്നു അത് വലതുഭാഗത്തിന് അള്ളാവിന് പ്രത്യേകം ഇഷ്ടമാണ് പക്ഷെ അമ്മ പറഞ്ഞ എല്ലാ കാലത്തും നമ്മള് ബേക്കടിക്കുക കല്യാണത്തിന് പോയാലോ അവിടെ ഇരിക്കും ഇപ്പൊ പറഞ്ഞാലോ അങ്ങോട്ട് തിരക്കാൻ ചെല്ലും ഇതല്ലേ ഇപ്പൊ കല്യാണത്തിന് നമ്മൾ ചെല്ലും ഇവിടെ ഇരിക്കും നമ്മളായ വിളിക്കാന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഉണ്ടാവും എന്നാലും നമ്മൾ അങ്ങോട്ട് തിരക്കാൻ ചെല്ലല്ല അല്ല ഇങ്ങട്ട് വലിയ ബാക്കും പോകും അല്ല പറഞ്ഞ വാക്കിനോട് ഒന്നിനും വിലയല്ല ദുരിയാവിനെല്ലോടും താല്പര്യമുണ്ട് ഹയാത്ത ദുനിയ ദുനിയവിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പള്ളിയിലേക്ക് വന്നാൽ മരപ്പുകൾ അല്ലാതെ സെഫ് കെട്ടുന്ന പോലെ നിങ്ങൾ കെട്ടണം ആദ്യം ഒന്നാമത്തെ സൊഫ് അത് നിറഞ്ഞാൽ രണ്ടാമത്തെ സൊഫ് പിന്നെ മൂന്നാമത്തെ ആളുകളിലൊക്കെ ഇരിക്കാം എന്നാ ഒരാളുകളെ ചാടിക്കടന്ന് വരിക അപ്പൊ സൂര്യ പറഞ്ഞു ഇരിക്കെ ബുദ്ധിമുട്ടിപ്പിച്ചു അങ്ങനെ ആരും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല ആളുകളെ തോളിഞ്ഞ് ചാടിക്കടക്കുക ആ മറ്റുള്ളവരെ തോളി ചാടാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത് ആദ്യം ഫില്ല് ചെയ്തിരിക്കണം ചില ആളുകൾ പള്ളിയിലേക്ക് വന്നാൽ ഔ പോയലോന്ന് പറഞ്ഞ പോയലോ എന്ന് പറഞ്ഞത് കേൾക്കാർക്കൊന്നും മനസ്സിലായില്ല എന്താ പോയാലോ എന്ത് പോയെന്നാ കേട്ടർക്കൊന്നും മനസ്സിലായില്ല അവന് എങ്ങും ഒരു തൂണിമ ചാടിയിരിക്കലുണ്ട് ഓടിക്കാച്ച് വന്നുമാറാടെ കയറിയിരുന്നു തൂണ് പോയാലോ പറഞ്ഞു തൂണ് കാത്തു വരുന്ന ആളുകള് ചുമരി കാത്തു വരുന്ന ആളുകള് സഹോദരങ്ങളുടെ അത്യാവശ്യം ഊരും ഊരവേദനയും നടുവേദന ഒന്നും ഇല്ലെങ്കിൽ എന്നിട്ട് കയറി ഇരിക്കണം നമ്മള് അന്നാലും ധീരെ കേൾക്കാൻ രണ്ടര തമസ്കരിക്കാൻ വന്നിട്ട് എന്നാൽ നമുക്ക് ഞാൻ പൊങ്ങോട്ട് ഇരിക്കാം എന്താ ഞാൻ നിങ്ങളുടെ സംസാരിക്കണത് അവ നിങ്ങൾ എന്നിലേക്കല്ലേ നോക്കേണ്ടത് കുറച്ചാൾ അപ്പുറത്ത് അവിടെ നിന്ന് ഒരാൾ ഇവിടുന്ന് അങ്ങട്ട് വയസ്സായ ആളുകൾ ഉണ്ടാവും അങ്ങനത്തന്നെ ഇരിക്കണ ഒരു കുഴപ്പമില്ല ചില ആൾക്ക് നടുവേദന ഉണ്ടാവും അങ്ങനെ ഇരുന്നില്ല ചെറുപ്പക്കാർ യുവാക്കള് നമ്മൾ മത്സരിക്കാം അറിഷിന്റെ തണലായിരിക്കാം ചെറുപ്പം മുതലേ ഒന്നാമിൽ അത് ശക്തമായി അഭിബാധത്തെടുത്തുകൊണ്ട് മുന്നേറുന്ന യുവാക്കൾ അവർക്കന്ന ആളെ പരലോകത്ത് പ്രതിഫലം ആളെ അറിഷിന്റെ തണല് അതുകൊണ്ട് വടക്കോട്ടും കഴക്കോട്ടും തിരിഞ്ഞിട്ടല്ല ഇങ്ങോട്ടും പടിഞ്ഞാറോട് തിരിഞ്ഞുകൊണ്ടാണ് പള്ളിയിൽ വന്നായിരിക്കേണ്ടത് അടുത്ത ആഴ്ച മുതൽ അത് ക്ലിയർ ആയിരിക്കണം എന്നുകൂടിയും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അപ്പോൾ ചുമരോ ഫാനോ അല്ലെങ്കിൽ തൂണോ ഇതൊന്നും തെരഞ്ഞിട്ടല്ല നമ്മൾ ഇരിക്കേണ്ടതും സെഫുകൾ ഒന്ന് രണ്ട് അങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുക പിന്നെ ഇമാമിലേക്ക് അടുത്തിരിക്കണം എന്നാണ് ഇമാമിലേക്ക് അടുത്തിരിക്കുക അതൊക്കെ ദീനി മജ്ലിസിന്റെ പ്രത്യേകതയാണ് ഇമാമിലേക്ക് ഷെയ്ഖിലേക്ക് അടുത്തു വന്നിരിക്കുക നസൂർ സല്ലമയിലേക്ക് ജിബ്രിയില് വന്ന് ദീനി പഠിപ്പിച്ചു എങ്ങനെ ഇരുന്നത് ൂന്ന ഏറ്റവും മകനൊക്കെ അങ്ങോട്ട് പോകാൻ കഴിയുമോ അങ്ങോട്ട് പോകും പ്രസംഗിക്കുന്ന ആൾക്ക് ക്ഷീണമല്ല ബുദ്ധിമുട്ടില്ല ഒന്നിലോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചാരിട്ടും ചിലവർക്ക് കടക്കണം ചിലവർക്ക് ഉറങ്ങണം അപ്പൊ അതൊക്കെ മാറ്റിയ അരമണിക്കൂർ മുക്കാ മണിക്കൂർ അള്ളാറീരി മാറ്റി വെക്കാം ഹാജരാകണം ഒന്നാമിലേക്ക് നിങ്ങൾ അടുക്കണം പ്രവാചകൻ സ്വതാൾ ശ്രമയുടെ നിർദ്ദേശമാണ് സഹോദരന്മാരെ അങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇനി സമയമില്ല എന്ന് ചുരുക്കി പറയാം നിങ്ങൾ അൽക്കു പാരായണം ചെയ്യാം അത് പിന്നെ ചില ആളുകൾ വൈകി വന്നിട്ട് ഇപ്പം ഇനി ഓതാ നേരെല്ലാം ഒഴിവാക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒഴിവാക്കരുത് പള്ളിയിൽ നിന്ന് തന്നെ ഓതിക്കൊന്നും അതും നിർബന്ധമില്ല സ്വഭായി കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഓദ്യിയിട്ട് വീട്ടിൽ പോകാലോ ചിലക്ക് വീട്ടിലെത്തി എവിടെ നിന്ന് പോകാ പള്ളിയിലെ ഓതാവുന്നില്ല അങ്ങനെ ആയത്തിനെ കുറിച്ച് ക്രൗഫ് നമ്മൾ പാരായണം ചെയ്താൽ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിലുള്ള പ്രകാശം നൽകുന്ന അള്ളാവിന്റെ പ്രത്യേകമായ ഹൈറുണ്ടാകും ഭർഗത്തുണ്ടാകും ജീവിതത്തിൽ െ അള്ളാ അത്രയും വഴിതീരും ദൂരം അവന് പ്രകാശം കൊടുക്കും വിശദീകരിച്ചു അപ്പൊ ആ ചൂറത്തൊരു കഴഫ് ഓതുന്ന ആളുകൾക്കും അള്ളാഹു സുഭാനുല പ്രത്യേകമായ പ്രകാശം ഈ രണ്ടാഴ്ചകൾക്കിടയിൽ നൽകും പിന്നെ പറഞ്ഞു നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം വെള്ളിയാഴ്ച ദിവസം എപ്പോഴും ചെല്ലേണ്ടതാണ് എപ്പോഴും പറയേണ്ടതാണ് ഇന്ന് ദിവസമൊന്നൊന്നുമില്ല പക്ഷെ ചില സമയത്ത് പ്രവാചകൾ പ്രത്യേകം പറഞ്ഞതിന് നമ്മൾ പ്രത്യേകത കൊടുക്കണം ഉദാഹരണം ഭാഗ്യനുശേഷം സ്വനാത്തി വെല്ലണം മുമ്പല്ല ശേഷമുള്ളൂ അത് നമ്മൾ ചെയ്യണം എന്നാൽ പ്രവാചകന് പ്രത്യേകം സമയം നിശ്ചയിക്കാത്തത് പ്രത്യേകം രൂപം നിശ്ചയിക്കാത്തതും പ്രത്യേകം എണ്ണം നിശ്ചയിക്കാത്തത് നമ്മൾ എണ്ണമോ സമയമോ രൂപമോ നിശ്ചയിക്കാനും പാടില്ല പറഞ്ഞ പോലെ ചെയ്യുക കാരണം തീരാന് നമ്മുടെ അല്ല അള്ളാഹാന്റെ തീരാടും അത് റസൂലിനെ ഏൽപ്പിച്ചു റസൂൺ നമ്മൾ പറഞ്ഞു തന്നു അത്രേ ഉള്ളൂ നമ്മുടെ അതുമായുള്ള ബന്ധം അതുകൊണ്ടും പ്രവാചകനെ പിന്നെ സ്വനാത്ത് ചൊല്ലുക അത് വെള്ളിയാഴ്ച വർദ്ധിപ്പിക്കുക അപ്പോഴാ സ്വഹാപത്ത് ചോദിച്ചു റസൂലെ നിങ്ങളിങ്ങനെ പിന്നെ ആ സ്വനാത്തുകൾ പ്രവാചകന് സമർപ്പിക്കപ്പെടുന്ന അദീസന് കാണാൻ സമർപ്പിക്കപ്പെടും എന്നേ ഉള്ളു കേട്ടോ റസൂൽ ആ സ്വനാത്തിനെ മജിലിസ് കാണും അത് കേൾക്കും നിങ്ങൾ ചാടി എണീറ്റ് വരും അങ്ങനൊന്നും അധീസനല്ല പക്ഷെ പ്രചരിപ്പിക്കൽ അങ്ങനെയാ സമർപ്പിക്കപ്പെടും എന്നുണ്ട് എങ്ങനെയാക്കന്മാരൊക്കെ മരിച്ചു മണ്ണോട് ചേർന്നിട്ട് അവർ ദ്രവിച്ചു തുരുമ്പിപ്പോയാൽ എങ്ങനെ അവർ സമർപ്പിക്കപ്പെടും അപ്പൊ റസൂൽ പറഞ്ഞു അമ്പിയാക്കന്മാരുടെ ശരീരം മണ്ണ് തില്ലുകയില്ല അതല്ല ഹറാമാക്കിയിരിക്കുന്നു അത് വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ടാകും അത് അല്ലാതെ പ്രത്യേകമായ ഒരു സംവിധാനമാണ് അമ്പിയാക്കന്മാരുടെ പ്രത്യേകതകളാണ് എബിമാരെ സാധാരണക്കാരാക്കി എന്ന് പറയലേ സാധാരണക്കാരനാക്കിയിട്ടില്ല ഈ പവിത്രത ഈ പ്രത്യേകത എന്തെല്ലാം അവരുടെ മനസ്സിലും പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ഉണ്ടും അവർ പഠിപ്പിക്കാത്ത ഒരു പവിത്രത നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അവസാനമായി വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി പല കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച അതല്ല പറഞ്ഞിട്ടില്ല എന്നാ പിന്നെ അപ്പ മാത്രമേ നമ്മൾ കിട്ടുള്ളൂ വെള്ളിയാഴ്ച പ്രത്യേകമായ സമയമുണ്ട് അത് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന യോജിച്ചു വന്നാൽ നിങ്ങളുടെ പാപങ്ങളെ തന്നെ പൊടുത്തേറുന്ന അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എപ്പോഴും ഓയി കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാം എന്നിട്ട് അള്ളാഹുവേ ആ സൗഭാഗ്യവാന്മാർ നീ എന്നെ ഉൾപ്പെടുത്തണേ അതിനുള്ള തോഫിയൊക്കെ നൽകണേ എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം കാരണം സമയം നമുക്ക് അറിയില്ലല്ലോ വെള്ളിയാഴ്ച നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ സമയം അതിൽ പെടാൻ വേണ്ടി നമ്മൾ ഹൈറിന് വേണ്ടി പ്രാർത്ഥിക്കാം അതിനെ ചില രീായത്തുകളിലൊക്കെ അത് പിന്നെ ഹത്തീം മിമ്പർ ക്യാരിയായാലൊക്കെ കാണാൻ സാധിക്കും ആദ്യമൊക്കെ ഹത്തീം മെമ്പറിൽ കഴിഞ്ഞാൽ അവനെ പ്രാർത്ഥിക്കാനുള്ള സമയല്ല കുത്തുമ്പോൾ കേട്ടിരിക്കാൻ വേണ്ടത് അതിൽ ഏറ്റവും പ്രബലമായത് ഒരു ഹദീസിൽ കാണുന്നത് അവസാന സമയം അസറിന് ശേഷം നിങ്ങളത് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹുത്തുമയോട് കൂടി വെള്ളിയാഴ്ച തീർന്നു നോക്കണ്ട സ്പെഷൽ സിനിമകളും സ്പെഷ്യൽ ഷെയ്ത്താന പ്രോഗ്രാമുകളൊക്കെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകാം അന്നാണ് എല്ലാ കളികളും ഷെയ്ത്താൻ പറഞ്ഞൊരു വാക്കുണ്ടില്ലാൽ നിന്റെ സുറാത്തൽ മുസ്തഖിം ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും അള്ളാഹ് കൊടുത്തൊരു വാക്കാ അപ്പൊ അതിന്റെ എല്ലാ കളിയും അവർ നടത്തി കൊണ്ടിരിക്കും നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക ചൈത്താൻ ഇല്ലാന്നോ അത് കൊഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാത്തതല്ല പ്രശ്നം ചൈത്താൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചും ആ പ്രശ്നങ്ങൾ ജനങ്ങൾ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് അപ്പൊ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി ജുമ തീരുന്നില്ല അല്ലെങ്കിൽ ആ ജുമന്റെ പ്രാധാന്യം അവസാനിക്കുന്നില്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ സഹയ്യായ ഹദീസ് ഉള്ളതിൽ വന്നത് അസറിന് ശേഷമുള്ള സമയം എന്നാൽ അതിലൂടെ ആ സമയം നമ്മൾ എന്ത് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക അനാവശ്യമായ വർത്തമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും ആ സമയം നമ്മൾ മുഴുകിപ്പിക്കാതിരിക്കുക പിന്നെ വെള്ളിയാഴ്ച ദിവസം ചുമ കഴിഞ്ഞാൽ ഉള്ള സുന്നസ്കാരം രണ്ട് ഹദീസുകൾ രണ്ട് രൂപത്തിലാണ് അലി അള്ളാർ ഉദ്ധരിക്കുന്ന ഹദീസിൽ പിന്നെ രണ്ട് റക്കാത്തു എന്നും അല്ലാതെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നാല് റക്കാത്തു രണ്ടും സഹയായ ഹദീസാണ് വൈരുദ്ധ്യമാണ് ഞാൻ ഒന്ന് തള്ളുന്നു തള്ളുന്നു വേണ്ട രണ്ടു മെച്ചും ശ്രമിക്കാം രണ്ടു മെച്ചിങ്ങനെ പഠിക്കുമ്പോൾ ഒരു നിയമം കിട്ടും എന്താണ് പണ്ഡിയന്മാര് പറയാ നിമിഷം വീട്ടിൽ നിന്ന് ആയിഷ കണ്ടു പള്ളിയിൽ നമസ്കരിച്ചത് ജാപരം കണ്ടും അപ്പൊ വീട്ടിൽ പോയി നമസ്കരിച്ചാൽ രണ്ടും പള്ളിയിൽ നമസ്കരിച്ചാൽ നാളെ നമസ്കരിക്കണം അതാണ് അതിന്റെ ഹുക്കൂന്ന് പണ്ഡിയന്മാർ എത്തിച്ചേർന്നു ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യം ഇത് പെട്ടെന്ന് കണ്ട രണ്ടും അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ഔട്ട് എന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല അതിനെ കുറിച്ച് പഠിക്ക അന്വേഷിക്കുക അവിടെ വൈരുദ്ധ്യം ഉണ്ടോ അത് എന്റെ വൈരുദ്ധ്യാണോ എനിക്ക് എന്റെ കുറവാണോ എന്നൊക്കെ അന്വേഷിച്ച് അറിഞ്ഞി അറിഞ്ഞിട്ട് ഏത് വിഷയമാണെങ്കിലും ശരി സത്യത്തിലേക്ക് എത്താൻ ശ്രമിച്ച പിന്നെ അവിടെ വൈരുദ്ധ്യൊന്നും കാണൂല അപ്പൊ രണ്ട് ആധീസികളും രണ്ട് രൂപത്തിലാണെങ്കിലും ഇവിടെ വിഷയം എന്താണ് പ്രവാചിന് പഠിപ്പിക്കുന്നത് ആയശാറിയാ അവനെ കണ്ടത് വീട്ടിലെത്തിയാൽ രണ്ടും പള്ളിയിൽ നമസ്കരിച്ചാൽ നാലും ഇതാകുന്നു പ്രവാചകന് ചര്യ കാരണം ജാബറിന്റെ ഹദീസും ആയുവാൻ ഉദ്ധരിക്കുന്ന പഠിച്ചും പ്രാവർത്തികമാക്കി നല്ലവരായി ജീവിക്കുവാൻ ശ്രമിക്കുക അള്ളാഹു അവരുടെ ദീനിന്റെ എല്ലാ നിയമങ്ങളും പ്രാമാണികമായി പഠിച്ച് മനസ്സിലാക്കി നല്ലവരായി ജീവിച്ച് മരിക്കുവാൻ നമുക്കൊക്കെ Alhamdulillah Aladhi hadana li hada wa ma kunna alin hatad ya laula'an hadana Allah wa sallallahu ala nabiyina muhammadin wa ala alihi wa sahbihi wa sallama tasliman kathira أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة لا لا أيها الناس وسيكم عباد الله وإيايا ثانيا بتقوى الله يا أيها الذين آمنوا تقوى الله حق تقاتل ولا تموتن إلا وأنتم مسلمون بريم الله സഹോദരന്മാർ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ് വസൂല് ചെയ്യുകയാണ് അള്ളാഹുത്തെ ആല അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പെട്ടെന്ന് ഒരു ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് ഇസ്ലാമിക ലോകത്ത് ഈ ദേവത്ത് പ്രബോധനം എന്നുള്ളത് അത് വലിയൊരു ഉത്തരവാദിത്തമാണ് ആ ദേവത്താണ് ഇന്ന് നമ്മുടെ കേരളക്കരയിലുള്ള മിക്ക സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുജാഹിദ് ആണെങ്കിലും ശരി സമസ്തയാണെങ്കിലും ശരി തബിലീദി ജമാഅത്ത് ആണെങ്കിലും എല്ലാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ ദേവത്താണ് അംബിയാക്കന്മാരും ദേവത്ത് നടത്തിയിട്ടുണ്ട് ആ അമ്പിയാക്കന്മാർ ദേവത്ത് ഫലം ചെയ്തിട്ടുണ്ട് ഗുണം ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടായിരുന്നു അന്ന് ഗുണം ചെയ്തത് അതിന് ചില കാരണങ്ങൾ അതെന്താ അത് മനസ്സിലാക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അംബിയാക്കന്മാരൊക്കെ പറഞ്ഞതിന് നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാകണം അപ്പോൾ എൻ്റെ മനസ്സിലാക്കൾ പറഞ്ഞാരി ആരുണ്ട് റബ്ബിലേക്ക് ഈസാൻ നിങ്ങൾ റബ്ബിന്റെ ആളുകളാകൂ എന്ന് അംബിയാക്കന്മാരൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ആ ദാവത്ത് ഫലം ചെയ്തു അങ്ങനെ അള്ളാഹുവിനേക്ക് വേണ്ടി ക്ഷണിക്കുമ്പോ ഒരാളിന് തെറ്റായൊരു വഴി സ്വീകരിച്ചാലും ആ വ്യക്തിയുടെ നേരെ കുതിര കയറേണ്ട ആവശ്യം കാരണം എന്താ ഞാൻ ക്ഷണിച്ചത് അള്ളാന്റെ തീരിലേക്കാണ് ഞാൻ പഠിപ്പിച്ചത് അള്ളാന്റെ തീരാണ് അവനത് കേട്ടില്ല എങ്കിലും അതിന്റെ ദോഷം മാറിക്ക അവനാണ് അത് അവനും അറിഞ്ഞു തമ്മില ഞാൻ അവന് പാരയായി ഞാൻ അവൻ്റെ പിന്നെ മുമ്പിൽ ഒരു തടസ്സമായി വരരുത് അവനും അവന്റെ പ്രവർത്തനം അവരെയും തമ്മില് ഈ ഒരു പണ്ടത്തെ ഒരു ഇഹ്ലാസയും പണ്ടത്തെ ഫലം ഇപ്പൊ ലഭിക്കുന്നില്ല ധാവത്തിൽ എന്തുകൊണ്ടാ ധാവത്തിന്റെ ലക്ഷ്യം സ്ഥാനം മാറി എന്റെ ആളാകണം ശരിക്കും മനസ്സിലാക്കണത് അവൻ ഇവരൊക്കെ എന്റെ ആളാകണം എന്റെ അല്ലാത്ത പിന്നാലെ വേറെ ആളുകളും പോകരുത് ഇതാ ധാവത്ത് ഇന്നാണ് ഞാൻ പറയുന്നത് അവന്റെ കൂടെ ആളുകൾ ഉണ്ടാകരുത് ഇവനും ഇവന്റെ കൂടെ ആളുകൾ ഉണ്ടാകരുത് അവനും ചിന്തിക്കുന്നു എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് അള്ളാഹനക്ക് ക്ഷണിക്കും ഇഖലാസോട് കൂടിയാണെങ്കിൽ ഇങ്ങനെ ജനങ്ങൾ അല്ല അവന്റെ പിന്നാലെ തന്നെ പോകുന്നു ആ തന്റെ മാർഗം തടയിടണം അവൻ അങ്ങനെ വിട്ടാൽ പറ്റില്ല അപ്പൊ അവൻ എവിടെയൊക്കെ പോകുന്നു അവടെ ഞാനും പോകുക അവൻ എവിടെക്ക് എന്തൊക്കെ പറയുന്നു അതിനെതിന് ഞാൻ പറയാ ഇതിന്റെ പേര് സഹോദരന്മാര ഭാപത്തൊന്നല്ല ഇതിനെ പേരും നശീകരണം എന്നാണ് സമൂഹത്തിൽ പിത്തന ഉണ്ടാക്കലാണ് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കലാണ് സത്യം പ്രമാണികമായി പ്രാമാണികമായി ജനങ്ങൾ മനസ്സിലാക്കേണ്ടതിന് പകരം വിലയിരുത്തേണ്ടതിന് പകരം ആ ജനങ്ങൾ പിത്തന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിലേക്ക് സ്വർഗത്തിലേക്ക് പറയാക്കേണ്ട ആളുകളും ഇവിടെ എന്റെ ആളാക്കാം അവന്റെ ആളാക്കാം അതിന് ആവശ്യം നമുക്കില്ലല്ലോ അപ്പോൾ തടയിടാൻ എൻ്റെ മാർഗമുള്ളൂ ജനങ്ങൾ പല പ്രശ്നം കണ്ടു മുനാഫിക്കളുടെ സ്വഭാഭിഷ്ത കൂടാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ണിയാണ് മനസ്സിലാക്കിയ വ്യഭിചാരത്തെക്കാൾ വലിയ ആരോപണമാണ് ഒരാൾ ഷിർക്ക് ചെയ്തു പറഞ്ഞാൽ കാരണം അവന് മയത്ത് സ്വീകരിക്കാൻ പാടില്ല മുസ്ലിം ശ്മശാനത്തിന് അവന് മറവ് ചെയ്യാൻ പാടില്ല അവന് മയത്തിനെ പിന്നാലെ പോകാൻ പാടില്ല അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല അത്രമാത്രം ഗൗരവമായ ഗുരുതരമായ ഒരു തെറ്റാണ് ആരോപണമാണ് ഒരാൾ ശുരുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചെയ്യാത്ത ആളെ ആരോപിച്ചാൽ പറഞ്ഞ തിരിച്ചു വരും അതൊക്കെ മനസ്സിലാക്കണം അതിനേക്കാൾ ചെറിയ ചെറുതെന്നല്ല അത്രയും ഗൗരവമില്ലാത്ത മറ്റൊന്നാണ് വ്യഭിചാരം ആ വ്യഭിചാരാരോപണം അന്ന് നടന്നപ്പോറാൻ പറഞ്ഞ എന്താണ് സത്യവിശ്വാസികളെ സംബന്ധിച്ച് ആരോപണങ്ങൾ മോശമായ വാർത്തകൾ പ്രചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത് മുനാഫിക്കുന്ന സ്വഭാവമാണെന്ന് നിർത്തിവെക്കണം അള്ളാഹിലേക്ക് ക്ഷണിച്ചോളി ദീപി പഠിപ്പിച്ചോളി തൗവി പറഞ്ഞു കൊടുക്കുക സുന്നത്ത് പറഞ്ഞു കൊടുക്കുക എന്നതല്ലാതെ നമുക്ക് ഏതെങ്കിലും ആളുകളോടോ ഗ്രൂപ്പുകളോടോ വ്യക്തികളോടോ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ജനങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഒരേ മാർഗം ഹൽക്ക് തന്നെ പിടിക്കുക കഴുത്ത് തന്നെ പിടിക്കുക അത് ചുരുക്കാരോപിച്ചാൽ ആ ആരോപണം സഹോദരന്മാരും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുള്ള വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് നാവുണ്ടല്ലോ നാവ് നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അവയവമാണെന്ന് തോഫിക്ക് നൽകുകയാണെങ്കിൽ നാവിന്റെ അപകടങ്ങളും ഗുണങ്ങളും വേറെ കൊത്തുമ്പോ നമുക്ക് ചർച്ച ചെയ്യാൻ പിന്നീട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഏത് നിനക്കുള്ള അപരാധങ്ങളും തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും വന്നാൽ ഇസ്രാമുള്ള പൊതു നിയമമുണ്ട് നമുക്ക് ഇന്നാണെന്നില്ല എത്ര വലിയവനായാലും അല്ലാണ്ട് ദീന്റെ മുമ്പിൽ നമുക്ക് എല്ലാവരും കടക്കാം പ്രമാണത്തിനപ്പുറമാണെങ്കിൽ അന്ന് പറഞ്ഞാൽ അതൊന്നും അന്വേഷിച്ചറിയാണ്ട് ചില്ലറ കേസല്ല നാളെ അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ കൂട്ടം നമ്മൾ നേരെ തിരിയാ പഠിച്ചവനെ എന്നെ കുറിച്ച് ശുക്കാരോപണം പറഞ്ഞാൽ എന്താ മറുപടി പറയാ അപ്പൊ നമുക്ക് വേണ്ടി മറുപടി പറയാൻ വിളിച്ച വരുമോ ഇല്ല അതുകൊണ്ടും തെറ്റിദ്ധാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്ക കുറവ് പറഞ്ഞു പത്താ പയ്യനു അന്വേഷിക്കുന്നു ആരോടാ അന്വേഷിക്കേണ്ടത് ആദ്യത് പറഞ്ഞു വന്നോളൂ എന്ന് ശരി എന്താ നിന്റെ അടുക്കൽ പ്രൂഫ് ഉള്ളത് എന്താ നിങ്ങളെ പറയൂ ഞാൻ അംഗീകരിക്കാം അല്ലെങ്കിലോട് നീ ഇന്നെ കുറിച്ച് ഇങ്ങനെ ആരോപണം കേൾക്കുന്നുണ്ട് ഇസ്ലാമിന്റെ നിയമ പറയുന്നു പറയല്ല ഇസ്ലാമിന്റെ പൊതു നിയമം അതാണ് ആ വ്യക്തിയോട് ചോദിക്കൂയ്യനോ എന്തിനു വേണ്ടിയിട്ടാണ് അറിയാതെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കും പിന്നെ ഈ ആളുകൾക്ക് അത് കേട്ടുപാടും അവസാനം നീ പെട്ടുപോകും നീ പെട്ടുപോകും അവസാനം ദുഃഖിക്കേണ്ടി വരും പറച്ചവനെ ഞാൻ പറഞ്ഞുപോയല്ലോ എന്നെ നാവിനോട് ഈ ഒരു ആരോപണം പറഞ്ഞിട്ട് ലോകം മുഴുവൻ ഏറ്റെടുത്തല്ലോ എന്റെ ഒരു മെസ്സേജിലൂടെ എൻ്റെ ഒരു എസ് എം എസിലൂടെ എൻ്റെ ഒരു ഇമെയിലൂടെ ലോകത്ത് മുഴുവൻ ആരോപണം പ്രചരിച്ചല്ലോ തിരിച്ചെടുക്കാൻ കഴിയുമോ നമുക്ക് അതുകൊണ്ട് അന്വേഷിച്ചറിയ ആര് ആരോപണം പറഞ്ഞാലും പിന്നെ എന്നെ ആരോപണം പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനു ഞാൻ ചെയ്ത് വീണ്ടും നിങ്ങൾ എന്റെ പുറത്ത് കുതിര കയറുന്നതിന് പിന്നെ എന്നങ്ങോട് വിട്ടാ പോറ്റാ ചെയ്തതെങ്കിൽ അത് ഞാനും എൻ്റെ റബും തമ്മിൽ അത്ര ഇഹ്ലാസുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പിന്നെയും ഒരു പ്രബോധന മേഖലയിൽ വഴിമുടക്കായി ഒരിക്കലും മുന്നോട്ട് നീങ്ങാൻ പാടില്ല സഹോദരന്മാരെ ആലോചിക്ക ജീവിതം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ആരോപിച്ചും ഇല്ലാത്തത് പറഞ്ഞും പ്രചരിപ്പിച്ചും മരിക്കാനുള്ളതാ പരലോകം അതൊക്കെ പ്രസംഗിച്ചിങ്ങനെ ആളുകളെ കയ്യിലെടുക്കാനുള്ളതല്ല മരിച്ചു നാളെ പലോകത്ത് അനുഭവിക്കാനുള്ളതാ അവിടെ വിചാരണയുണ്ട് കോടതിയുണ്ട് തീർച്ചയായും ഹൃദയത്തെ കുറിച്ചും കേൾവിയെ കുറിച്ച് സംശയമില്ലാത്ത കാര്യം നിർത്തു അവരെ ഒന്നും ചോദിക്കാതെ കൂടുതല അതുകൊണ്ട് ദേഷ്യം ശമീപ്പിക്ക നമ്മള് കോപം അടക്കി വയ്ക്കുക അള്ളാർക്ക് വേണ്ടി പ്രവർത്തിക്കാം ഇഹ്ലാസോട് കൂടി പ്രവർത്തിക്ക ഒരാളും ജയിക്കാനല്ല ഒരാളും കോൽക്കാനല്ല എന്ന ലോകത്തോളം എല്ലാവരും വഴികളിലായി നമുക്കൊരു നഷ്ടമില്ലല്ലോ എല്ലാവരും ഹിതാത്തിലായും നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല പിന്നെന്താ പ്രവർത്തിച്ചാൽ നന്മയിലേക്ക് ക്ഷണിച്ചാൽ അതിന് പ്രതിഫലം കിട്ടും വരുന്നവർ വരട്ടെ അള്ളാഹുന്റെ ദീനിലേക്കല്ല എന്റെ തറവാട്ടിലേക്കല്ലല്ലോ പക്ഷെ നമുക്ക് എന്തെല്ലാമോ ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടേണ്ടതുണ്ട് എന്നതുപോലെയാണ് ചില പ്രവർത്തനങ്ങൾ കാണുമ്പോ തോന്നുന്നത് അള്ളാഹു സുബ്രഹാന നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിയും നല്ല മനസ്സും പ്രധാനം ചെയ്യുമാറാകട്ടെ ആരെക്കുറിച്ച് എന്ത് ആരോപണവും എന്ത് തെറ്റിദ്ധരിപ്പിക്കലും വന്നാലും നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ പണി ആ വ്യക്തിയോട് ചോദിക്കുക അതാണ് വേണ്ടത് അല്ലെങ്കിൽ ആരോപണം പറഞ്ഞവരോട് അതിനുള്ള എവിഡൻസ് തരാൻ പറയാം അപ്പോൾ സത്യസന്ധമാണെങ്കിൽ വിശ്വസിക്കുക അല്ല പറഞ്ഞ എന്താ എന്തിനാണെന്നൊക്കെ പറഞ്ഞത് സത്യം പറയുന്നവരോടൊപ്പം നിൽക്കൂ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളും അള്ളാഹു സുബ് ഹാനുവാല നമുക്ക് പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ ചിന്തിക്കുവാനും നന്മ മാത്രം പറയുവാനും നന്നു മാത്രം പ്രവർത്തിക്കുവാനും അർഹമുറാഹിമനായ നാഥൻ നമുക്ക് തോഹേക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ് ഹാനുവാല പുറത്തു കൊടുക്കുകയും അവരുടെ കബ്രടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുവിന്റെ ധീവിന്റെ മാർഗത്തിൽ അവൻ്റെ തോഹീബിന്റെ പ്രചാരണത്തിന്റെ വഴിയിൽ ധീരമായും ഈ മുന്നോട്ട് നീങ്ങുവാൻ അള്ളാഹു നമുക്ക് <tuh>, ും إِنَّ هَٰذَا الصَّلَاةُ مُسْتَقَرٌّ مُقَامَا رَبَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا يَا غَافِرَ الْمُذْنِبِينَ وَصَلَّى اللَّهُ عَلَى نَبِيِّنَا مُحَمَّدٍ وَعَلَى آلِهِ وَصَحْبِهِ وَسَلَّمَ تَسْلِيمًا كَثِيرًا وَآخِرُ دَعْوَانَا الْحَمْدُ لِلَّهِ